ധ്യായം ഇരുപത്തി ഒന്ന് യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയേണ്ടതെന്തെന്നാൽ പുരോഹിതൻ തന്റെ ജനത്തിൽ ഒരുവന്റെ ശവത്താൽ തന്നെത്താൻ മലിനമാക്കരുത് എന്നാൽ തന്റെ അമ്മ അപ്പൻ മകൻ മകൾ സഹോദരൻ തനിക്ക് അടുത്തവളും ഭർത്താവില്ലാത്ത കന്യകയുമായ സഹോദരി എന്നിങ്ങനെയുള്ള ഉറ്റ ചാർച്ചക്കാരാൽ അവന് മലിനനാകാം അവൻ തന്റെ ജനത്തിൽ പ്രമാണിയായിരിക്കെയാൽ തന്നെത്താൻ മലിനമാക്കി അശുദ്ധനാക്കരുത് അവർ തലമുടി വടിക്കുകയും താടിയുടെ അറ്റം കത്തിരിക്കുകയും ശരീരത്തിൽ മുറിവുണ്ടാക്കുകയും അരുത് തങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കാതെ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധന്മാരായിരിക്കണം അവർ തങ്ങളുടെ ദൈവത്തിന്റെ ഭോജനമായ യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിക്കുന്നു ആകയാൽ അവർ വിശുദ്ധന്മാരായിരിക്കണം വേശിയെയോ ദുർനടപ്പുകാരിയെയോ അവർ വിവാഹം കഴിക്കരുത് ഭർത്താവ് ഉപേക്ഷിച്ചു കളഞ്ഞവളെയും വിവാഹം കഴിക്കരുത് അവൻ തന്റെ ദൈവത്തിന് വിശുദ്ധനാകുന്നു അതുകൊണ്ട് നീ അവനെ ശുദ്ധീകരിക്കണം അവൻ നിന്റെ ദൈവത്തിന് ഭോജനം അർപ്പിക്കുന്നവനാകയാൽ നീ അവനെ ശുദ്ധീകരിക്കണം അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയായ ഞാൻ വിശുദ്ധനാകുന്നു പുരോഹിതന്റെ മകൾ ദുർനടപ്പു ചെയ്ത് തന്നെത്താൻ അശുദ്ധയാക്കിയാൽ അവൾ തന്റെ അപ്പനെ അശുദ്ധനാക്കുന്നു അവളെ തീയിലിട്ട് ചുട്ടുകളയണം ഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി തന്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ തന്റെ തലമുടി പിച്ചുപറിക്കുകയും വസ്ത്രം കീറുകയും അരുത് അവൻ യാതൊരു ശവത്തോടും അടുക്കുകയും തന്റെ അപ്പനാലോ അമ്മയാലോ അശുദ്ധനാകുകയും അരുത് വിശുദ്ധ മന്ദിരം വിട്ട് അവൻ പുറത്തിറങ്ങുകയും തന്റെ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുകയും അരുത് അവന്റെ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം അവന്റെ മേൽ ഇരിക്കുന്നു ഞാൻ യഹോവയാകുന്നു കന്യകയായ സ്ത്രീയെ മാത്രമേ അവൻ വിവാഹം കഴിക്കാവൂ വിധവ ഉപേക്ഷിക്കപ്പെട്ടവൾ ദുർനടപ്പുകാരെത്തി വേശ്യ ഇങ്ങനെയുള്ളവരെ അവൻ വിവാഹം കഴിക്കരുത് സ്വജനത്തിലുള്ള കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാവൂ അവൻ തന്റെ സന്തതിയെ തന്റെ ജനത്തിന്റെ ഇടയിൽ അശുദ്ധമാക്കരുത് ഞാൻ അവനെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു യഹോവ പിന്നെയും മോശയോട് അരുളി നീ അഹർവനോട് പറയേണ്ടത് നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിന്റെ ഭോജനമർപ്പിപ്പാൻ ഒരിക്കലും അടുത്തു വരരുത് അംഗഹീനായ യാതൊരുത്തനും അടുത്തുവരരുത് കുരുടൻ മുന്തൻ പതിമൂക്കൻ അധികാങ്കൻ കാലൊടിഞ്ഞവൻ കൈയ്യൊടിഞ്ഞവൻ കൂനൻ മുണ്ടൻ പൂക്കണ്ണൻ ചൊറിയൻ പൊരിച്ചുണങ്ങൻ ഷണ്ണൻ എന്നിങ്ങനെയുള്ളവരും അരുത് പുരോഹിതനായ അഹരോന്റെ സന്തതിയിൽ അംഗഹീനായ ഒരുത്തനും യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിപ്പാൻ അടുത്തുവരരുത് അവൻ അംഗഹീനൻ അവൻ തന്റെ ദൈവത്തിന്റെ ഭോജനം അർപ്പിപ്പാൻ അടുത്തുവരരുത് തന്റെ ദൈവത്തിന്റെ ഭോജനമായ അതിപരിശുദ്ധമായവയും വിശുദ്ധമായവയും അവനെ ഭക്ഷിക്കാം എങ്കിലും തിരശ്ശീലയുടെ അടുക്കൽ ചെല്ലുകയും യാഗപീഠത്തിങ്കൽ അടുത്തുവരികയും അരുത് അവൻ അംഗഹീനനല്ലോ അവൻ എന്റെ വിശുദ്ധ സാധനങ്ങളെ അശുദ്ധമാക്കരുത് ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു മോശ ഇത് അഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രയേൽ മക്കളോടും പറഞ്ഞു